മാനസാന്തരം വിശ്വാസം പരിശുദ്ധാത്മാവിന്റെ നിറവ് ക്രിസ്ത്യ ജീവിതത്തിലെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെ കുറിച്ചാണ് നാം കേട്ടുകൊണ്ടിരുന്നത് നമ്മൾ കേട്ടു ഇവയെല്ലാം തികച്ചും സൗജന്യമാണ് ഇവിടെ ആയിരിക്കുന്നത് ദൈവം നമ്മൾ ചെയ്ത പ്രവൃത്തിയാണ് മാനസാന്തരപ്പെടുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പാപബോധം തന്നു നമ്മൾ മാനസാന്തരപ്പെട്ട് യേശുവിനെ ജീവിതത്തിൻ്റെ എൻ്റെ പാപം മോചിച്ചവനായി എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവായി നാഥനായിട്ട് ഞാൻ ഏറ്റുപറഞ്ഞു ഞാൻ വിശ്വസിച്ചു അവിടെ തുടർന്നും പരിശുദ്ധാത്മാവിൻ്റെ അനുദിനമുള്ള നിറവിൽ യേശുവിന് വേണ്ടിയൊരു ജീവിതം ഇതാണ് രക്ഷയിലൂടെ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന വലിയ നമ്മളെക്കുറിച്ചൊരു പ്രതീക്ഷ നമ്മൾ തോന്നുമ്പോൾ ഇത് ഒരിക്കലായിട്ടുള്ള അനുഭവമല്ല ഇത് ജീവിതത്തിൽ ഉടനീളം നമ്മുടെ നമുക്ക് താവിനെ വാനമേഘങ്ങൾ കണ്ടുമുട്ടുകയോ അല്ലെങ്കിൽ മരണം മുഖാന്തരം ഈ ലോകത്തിൽ നിന്ന് നിത്യതയിലേക്ക് കടന്നു പോകുന്ന ദിവസം വരെയും ഇത് നാം വളകണം നമുക്ക് അനദിന മാനസാന്തരമുണ്ടാവണം അനുവിനം നമ്മുടെ വിശ്വാസം വിശ്വാസം എവിടെയാണ് പരീക്ഷിക്കപ്പെടുക നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ദൈവം നമ്മളെ കടത്തിപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലാണ് വിശ്വാസം നമ്മൾ കണ്ടെത്തുക അവിടെയാണ് നാം ജയിക്കുക അവിടെ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ പല മല്ലന്മാരെയും കാണും അത് നമ്മുടെ ജീവിതത്തിലെ പ്രത്യേക ചില സാഹചര്യങ്ങളാകാം നമ്മുടെ സാമ്പത്തികമായ ചില പ്രശ്നങ്ങളാകാം ചില പാപ സ്വഭാവങ്ങൾ വിട്ടുപോകാതെ നമ്മളെ പിന്തുടരുന്നതാകാം അല്ലെങ്കിൽ നമ്മളെ കുഞ്ഞുങ്ങളെക്കുറിച്ച് കൺസേണാവാം ഇവിടെയൊക്കെ ഇന്ന് കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം ആണെങ്കിൽ നമ്മളിവിടെയെല്ലാം കർത്താവിനെ എൻ്റെ ജീവിതത്തിൻ്റെ നിയന്താവായിട്ട് ഞാൻ വിശ്വസിക്കുകയും അങ്ങനെ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മളെ വിശ്വാസ ജീവിതത്തിൽ വളർത്തും എന്നാണ് എനിക്ക് പറഞ്ഞു പറഞ്ഞതെന്ന് മനസ്സിലായത് ഈ വിശ്വാസ ജീവിതത്തിൽ ഈ മൂന്ന് കാര്യങ്ങളും ഉണ്ടായിട്ടും രണ്ട് വ്യക്തിത്വങ്ങൾ പേനമന്ത്രി നമുക്ക് ചിന്തിക്കാം നമുക്ക് സാബു ദൈവം ഇസ്രയോ ജനത്തിന് ആദ്യമായി കൊടുത്ത രാജാവാണ് സമൂഹപവാചകൻ അഭിഷേക തൈലം ഒഴിച്ച് തന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവൻ അവിടെ പ്രവചിച്ചവൻ പ്രവാചകന്മാരുടെ കൂടെ സഭൂഹവും പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ എന്ന് ആ വിധം ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ച ഒരുവൻ തായ്മ നോക്കുക ആ താന് അനുരോപത്തിനായിട്ട് സാമ്യ പ്രവാചകൻ വിളിക്കുമ്പോൾ താൻ പറയുന്ന ശ്രീ ഏറ്റവും ചെറിയ ഗോത്രത്തിലൊരുവൻ ബന്യാമിൻ ഗോത്രത്തിലെ ഏറ്റവും ചെറിയവനായ അവിടെ തന്നെ ഏറ്റവും ചെറിയ കുടുംബത്തിലെ അതിൻ്റെ ഏറ്റവും അക്കുലത്തിലും ഏറ്റവും ചെറിയവൻ അല്ലെങ്കിൽ അഭിഷേകത്തിനായി വിളിച്ചപ്പോൾ സാമാനക്കുട്ടയുടെ അല്ലെങ്കിൽ സാമാനങ്ങളുടെ ഇടയിൽ ആ സ്റ്റോർ ഹൗസിൽ പോയി വിളിച്ചിരുന്നൊരുവൻ ഇവിടെ തനിക്ക് ഇന്ന് പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ഉണ്ടായിരുന്നു താൻ ദൈവത്തിൽ വിശ്വസിച്ചു തനിക്ക് ഒരു താഴ്മയുണ്ടായിരുന്നു ഉറക്കമുണ്ടായിരുന്നു തനിക്ക് പരിശുദ്ധ അഭിഷേകമുണ്ടായിരുന്നു ഇവല്ലാം ലഭിച്ചവനാണ് സാവുൾ മറിച്ച് മറ്റൊരാളെ നമുക്ക് കാണാം ദാവീത് ദീത് മതിയെന്നറിയും വിളയ്ക്കപ്പെട്ടവനാണ് അവിടെ നമുക്ക് സമ ഒന്ന് സമൂഹത്തിൽ പതിനാലാം അധ്യായത്തിൽ ഒന്നാം വാക്യത്തിന്റെ അവസാനം ഇങ്ങനെ വായിക്കുന്നുണ്ട് കർത്താവ് സൗലിനെ തള്ളിക്കളഞ്ഞ് സമൂഹങ്ങൾ പറയുന്നു നീ ദുഃഖിച്ചിരിക്കണ്ട അവിടെ പ്രവാചകന്റെ ആ ഹൃദയം നമ്മൾ കണ്ടോ പതിനഞ്ചാം അധ്യായത്തിൻ്റെ അവസാനം ശമൂഹത്തെത്തി ചെയ്ത് ദൈവം നീക്കിക്കളഞ്ഞ ശേഷവും സമൂഹയിലെ ശകൂനെക്കുറിച്ച് ദുഃഖിക്കുക ഇന്ന യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പ്രവാചകർ അങ്ങനെയാണ് സഭയിലും തങ്ങൾ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെ ആ പിന്മാറ്റത്തിൽ ദുഃഖിക്കുന്ന ദൈവസ്നേഹത്തിൽ കുറവ് വരുമ്പോൾ അവരെ താങ്ങുന്ന അവർക്ക് വേണ്ടി ഇടിവൻ വെക്കുന്ന അവർക്ക് വേണ്ടി കണ്ണീടുള്ള പ്രവാചകന്മാരുന്ന കാലം ഈ കാലഘട്ടത്തിൽ കുറവാണ് ഞാനൊക്കെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചില പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ നമുക്ക് ദൈവം ആഗ്രഹയിൽ തന്നു തങ്ങളിക്കുന്നവരുടെ ആത്മീയ വളർച്ചയെക്കുറിച്ച് കൺസേൺ ഉള്ളവർ അന്നൊന്നും കേൾക്കുന്നതൊക്കെയാണ് അടിസ്ഥാനങ്ങൾ വീണ്ടും വീണ്ടും പഠിപ്പിക്കുന്ന ഈ ഒരു ബേഡനാണ് നമുക്ക് അവരെല്ലാം അവർ ദൈവത്തിന് നന്ദി പറയാം ഇവിടെ നമുക്ക് കഥാവ് പറയുന്നു പതിനാളാം അധ്യായത്തിൽ കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക ഞാൻ നിന്നെ ബദ്ധേമ്യനായ ഇസായിയുടെ അടുക്കളായിരിക്കും അവന്റെ മക്കളെ ഞാൻ രാജാവിനെ കണ്ടിരിക്കുന്നു ഇസായിക്ക് എട്ട് മക്കളാണ് എവിടെ അതിനകത്ത് എട്ടാമനാണെന്ന് നമുക്കറിയാം ഇപ്പോഴേറെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചാലും ഇങ്ങനെയൊക്കെയല്ലേ കത്താവിനെ തെളിഞ്ഞപ്പോൾ നമ്മളെന്തെങ്കിലും എവിടെയായിരുന്നു രാത് ഫീൽഡിൽ ആടുകളെ മേച്ചുകൊണ്ടിരുന്ന ഒരു ഇടയേവാലൻ അവിടെ കത്താവ് അവനെ ആ ആട്ടിൻകൂട്ടത്തിൽ അനുഭവിച്ച് തന്നെ കണ്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് കത്താവ് പറയുന്നു അവൻ്റെ മക്കളിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു നമ്മുടെ വിളയും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമുക്കെന്തെങ്കിലും ഒരു യോഗ്യത ഉണ്ടായിരുന്നോ ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് നോക്കുമ്പോൾ അത്ഭുതപ്പെടാറുണ്ട് ഒരു അർഹതയും ഇല്ലാതെ ലോകത്തിൻ്റെ വഴിയിൽ പാപത്തിൻ്റെയും ലോകത്തിൻ്റെ ലോകമയത്തിന് മുഴുവൻ വിഴുങ്ങിക്കുറഞ്ഞൊരു വ്യക്തി കത്താവ് അനേകം മെച്ചപ്പെട്ട പലരും എൻ്റെ ഭവനത്തിലുണ്ടായിരിക്കെ തന്നെ നമുക്ക് അവിടെ കത്താവ് കണ്ടു ഇവനെ ഇവനെ ഞാൻ എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു നമുക്ക് അത്രയും ഭാഗ്യവാന്മാരാണ് നമ്മൾ ഇവിടെ ഈ ദാവിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഓരോരുത്തരെയും നാം കാണുക അതേ രാജകീയ പൗരോധത്തിനായിട്ട് നാം ഓരോരുത്തരും ദൈവ മക്കളായിട്ട് വിളിക്കപ്പെട്ട വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് അവിടെ നോക്കി അന്ന് അവിടെ ഈ പ്രവാചകൻ പോലും അഭിഷിക്തനായ പ്രവാചകൻ സമൂഹയില് കടന്നു പോകുമ്പോൾ ഇസായിയുടെ ഏഴ് മക്കളും മുമ്പിൽ വരികയാണ് ഞാൻ വിളിക്കുമ്പോൾ വേദത്തിൽ പോകാം അവിടെ ഇസായി മക്കളെ ഓരോരുത്തരെയായിട്ട് സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരുമ്പോ ശമൂല് ആദ്യം എന്ന മുത്തമകനായ എലിയാബിനെ കണ്ടു എലിയാബിനെ കണ്ടപ്പോൾ താൻ അഭിഷിക്തനാണ് അപ്പോൾ തന്നെ നോക്കുക യഹോവിയുടെ മുമ്പാകെ അവൻ്റെ അഭിഷിക്തൻ എന്ന് പറഞ്ഞു എന്നാണ് ശമൂ പറയുക മനസ്സിൽ പറഞ്ഞു എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഇംഗ്ലീഷ് ഉള്ളത് ഹിത്തോക്ട് പറഞ്ഞതല്ല ഇവനാണ് അഭിഷിക്തൻ ഞാൻ ഇന്നത്തെ കാലത്ത് ഈ ലോകത്തിൻ്റെ മധ്യത്തിൽ നമുക്ക് ജീവിക്കുമ്പോൾ എത്രമാത്രം ദൈവിക വെളിച്ചം നമുക്ക് ആവശ്യമാണ് നമുക്ക് പലപ്പോഴും പരിശുദ്ധമാവുന്ന ഒരളവിലും നമുക്ക് നമ്മളിലുണ്ട് അത് വീണ്ടും ജന്മത്തോടെ ദൈവം നമ്മളുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു ഓരോ ദിവസവും നമ്മൾ അതിനെ കൂടുതൽ പ്രാപിക്കുവാനായിട്ട് നാം ഇന്ന കേട്ടത് പോലെ ദാഹിക്കുന്നില്ലെങ്കിൽ ഒരു വിശുദ്ധ പ്രവാചകന് പോലും ഒരു തെറ്റ് പറ്റാനുള്ള സാധ്യത മൂത്തമകനായ അത് ആ മൂത്തമകനെ കണ്ടപ്പോൾ താൻ അങ്ങനെ എലിയാബിനെ കണ്ടിട്ട് പറയാം ഇതാണ് ഇതാണ് ഹൃദയത്തെ പറയുമ്പോൾ എന്താണ് യേശു യഹോവ പറഞ്ഞത് മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല ഏഴാം വാക്യം രണ്ടാം ഭാഗ്യം പറയുന്നു മനുഷ്യൻ കണ്ണിന് കാണുന്നത് പോലെ നോക്കുന്നു ഹൃദയത്തെ നോക്കുന്നു ഫെബ്രുവരിയെ നമ്മുടെ എല്ലാം നമ്മൾ സത്യസന്ധമായിട്ട് നമ്മുടെ കാര്യങ്ങൾ എഴുതാ നമ്മുടെ നമ്മുടെ പ്രശ്നങ്ങളെ ആകട്ടെ നമ്മുടെ സാഹചര്യങ്ങളെ ആകട്ടെ മറ്റ് മനുഷ്യരെ ആകട്ടെ നാം കണ്ണിന് കാണുന്നത് നമ്മുടെ നമ്മുടെ നമ്മുടെതായ ഒരു കാഴ്ചയിലാണ് നമുക്ക് കാണാൻ ശ്രമിക്കുക യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു അതേ നമുക്കവിടെ ഈ എന്തായിരുന്നു ഈ എല്ലാവിന്റെ കുഴപ്പം എന്ന് നമുക്കവിടെ പറയുന്നില്ല ഇവിടുന്ന് വലിയ പ്രശ്നക്കാരായിരുന്നില്ല അതുകൊണ്ടാണ് തീർച്ചയായിട്ടും പ്രവാചകനും അങ്ങനെ തോന്നിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ പ്രവാചകനെ ദൈവത്തിന്റെ മുമ്പാകെ തന്നെ ഒരു പ്രവാചകനാണ് അവർ പക്ഷെ പിന്നീട് ദാവീത് ആ ഗോലിയാത്തിൻ്റെ ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്ന് ചില അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ ഈ എലിയാവ് തന്നെ അവിടെ ചില കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കാണാം എന്താണ് അനിയനെ പറ്റി അനിയനെ വളരെ തീഷ്ണതയോടെ ഈ ഒരു ദൈവത്തെ നിന്നിക്കുന്ന ഈ ഗോലിയാത്തിനെതിരെ നിൽക്കുമ്പോൾ ഈ ജ്യേഷൻ പറഞ്ഞ് ശാസിക്കുകയാണ് എന്താണ് നമ്മൾ അതേ അധ്യായത്തിൽ സോറി പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യത്തിൻ്റെ അവസാനം പറയുന്നുണ്ട് നിന്റെ അഹങ്കാരവും നിഗ്രഭാവവും എനിക്കറിയാം ദാവൂദിനെപ്പറ്റി ജ്യേഷ്ഠൻ്റെ കമൻറ്റാണ് അപ്പം നമുക്ക് അവരെ എത്ര വേഗം വിധിക്ക വിധിക്കുന്ന ഒരുവനായിട്ട് തൻ്റെ സഭകനെ വിധിക്കുന്ന ഒരുവനായിട്ട് എനിയാമനെ കുറവുള്ളവനായിട്ട് കാണുന്നു ദൈവം അത് കണ്ടു അതുകൊണ്ടാണ് ഒരു പക്ഷേ നമുക്ക് ദാവൂദിൻ്റെ നമുക്ക് തോന്നുന്നുള്ള ദാവീതിൻ്റെ ജീവിതത്തിൽ താൻ ഏറ്റവും കഷ്ടതയിലൂടെ കടന്നുപോയ സമയത്തും താൻ ആരെയും വിധിക്കാൻ തൻ്റെ നാവ് ഉപയോഗിച്ചില്ല സാബോളിനെ വിധിക്കാൻ അവൻ ദൈവത്തിൻ്റെ അഭിഷിക്തനാണ് അല്ലെങ്കിൽ തന്നെ ചീത്ത പറഞ്ഞ് പുറകെ നടന്ന് അല്ലെങ്കിൽ തളിക്ക് തേയെ കാർക്കിച്ച് തൊപ്പി കല്ലെറിഞ്ഞ സിമയെ കണ്ടും പറഞ്ഞ് അവനെ ദൈവമയച്ചവനാണ് ഇപ്പോൾ ദാവീതിൻ്റെ വിശ്വാസം ഇന്ന് നമ്മൾ കേട്ട ദാവീതിൻ്റെ ആ വിശ്വാസത്തോടെ ചേർന്ന് ദാബിദന്റെ വിശ്വാസം ചിന്തിച്ചാൽ തന്നെ തെളിഞ്ഞ ദൈവം അവന്റെ മേൽ അഭിഷേകം അയച്ച നിമിഷം മുതൽ അവിടെ നമ്മൾ പതിനാലാം അധ്യായത്തിന്റെ പതിനൂ പതിമൂന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട് രണ്ടാം ഭാഗം യഹോകളുടെ ആത്മാവ് അന്ന് മുതൽ ദാബിദിന്റെ വന്നു എന്ന് ഇപ്പൊ വാചകന് അഭിഷേകം ചെയ്ത ആ മുതൽ നമുക്ക് അന്ന് മുതൽ ദാബുദിനെ ജീവിതം ശ്രദ്ധിച്ചു ദാബിദിന് ജീവിതത്തിൽ വലിയ വീഴ്ചകൾ ഉണ്ടായി പക്ഷേ പക്ഷേ താന് അനുതപിക്കുന്നൊരു ഹൃദയം തനിക്കുണ്ടായിരുന്നു നമ്മൾ കേട്ടു അല്ലേ ദൈവത്തിലേക്കുള്ള മാനസാന്തരം നിരന്തരം മനസ് അനുതപിക്കും തൻ്റെ പാപങ്ങള് ദൈവിക വെളിച്ചത്തിൽ കാണിച്ചു കൊടുത്തപ്പോ അതിനോട് അനുതാപമുള്ളൊരു ഹൃദയം താൻ സൂക്ഷിച്ചു പക്ഷേ സാമൂഹ്യ സാമൂഹിൻ്റെ കാര്യവും കാര്യം സോറി സാമൂഹിന്റെ കാര്യം അങ്ങനെ ആയിരുന്നില്ല സാമൂഹിയുടെ തുടക്കം നമ്മൾ കേട്ടതുപോലെ ഏറ്റവും തായ്മയോടെ മാനസാന്തരത്തിൽ ഒരു നല്ല മനോഭാവത്തിലും മനസാക്ഷികമായിരുന്നെങ്കിലും തനിക്ക് തെറ്റിപ്പറ്റിപ്പോൾ നമുക്കറിയാം അമലീകരമായിട്ടുള്ള യുദ്ധത്തിൽ ആ ആട് അവളുടെ ആ ദൈവത്തിൻ്റെ കൽപ്പന മറികടന്ന് അവളുടെ ശ്രേഷ്ഠ വസ്തുക്കളും ആടുകളെയുമൊക്കെ അവിടെ ഈ സൗജന്യം ഉണ്ടെടുത്ത് അങ്ങനെയാണ് പതിനഞ്ചാം അധ്യായം പറയുന്നത് ഒമ്പതാം പറയുന്നത് സൗല്യ സാമൂലം പറയുന്ന ജലം അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ പതിനഞ്ചിന്റെ ഒമ്പതിലെങ്ങനെയാണ് നാം വായിക്കുന്നത് എന്നാൽ ശൗരവും ജനവും ആരാകനെയും മാട് ആട് തടിച്ച മുഴാൻ എന്നിവയും മേക്കലുമായും കുഞ്ഞാടുകളെയും ഉത്തമമായൊക്കെയും നിർമ്മൂലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോടെ സൂക്ഷിച്ചു അപ്പൊ അവിടെ ആരാമത്തെത്തിൽ ആദ്യം ഒന്നാമൻ സൗരം തന്നെയാണ് പക്ഷെ തന്നോട് ദൈവം സമൽപ്പവാദിലൂടെ ചോദ്യം ചെയ്തപ്പോ താൻ പറയുന്നത് എന്താണ് പറയുന്നത് മറ്റുള്ളത് എൻ്റെ ജനം പറഞ്ഞപ്പോ എനിക്കത് ഞാനത് ഭയപ്പെട്ടു എന്നാണ് താൻ ന്യായം പറയും തൻ്റെ പാപം താൻ അവിടെ ഏറ്റെടുക്കുന്നില്ല അവിടെ അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് പതിനഞ്ചാം വാക്യം പതിനഞ്ചിൻ്റെ പതിനഞ്ച് അവയെ അമലേക്കവരുടെ പക്കൽ നിന്ന് അവർ കൊണ്ടുവന്നതാകുന്നു ജനം ആടുകളിലും കാളുകളിലും മേൽത്തലമായവേ നിന്റെ ദൈവമായ ഫോട്ടോ ത്യാഗം കഴിക്കാനായി ജീവയോടെ സൂക്ഷിച്ചു ശേഷമുള്ളവയെ ഞങ്ങൾ വാക്കി കളഞ്ഞു നോക്ക തന്റെ പാപത്തെ മറച്ചു വയ്ക്കുവാൻ ിക്കുന്ന സാവൂൾ അവിടെ വീണ്ടും ഈ സമ കൺഫം ചെയ്യ സാവുളിനെ അവിടെ സാവുള് അപ്പോ താഴേക്ക് വരുമ്പോ ആ പതിനഞ്ചാം അധ്യായ വാക്യം ഇങ്ങനെ പറയുന്നു ഞാൻ പാപം ചെയ്തിരിക്കുന്നു തൻ്റെ പാപം തലയാട്ടെടുക്കുക പക്ഷെ അവരെ അത് വാക്യമോ വളരെ ദുഃഖകരമായൊരു കാര്യമാണ് എങ്കിലും ഞാൻ പാപം ചെയ്തിരിക്കുന്നു എങ്കിലും ജനത്തിന്റെയും മൂപ്പന്മാരുടെയും ഇശ്രലിന്റെയും മുമ്പാകെ ഇപ്പോൾ എന്നെ മാനിച്ച് ഞാൻ നിന്റെ ദൈവമായ ഹോമയെ നമസ്കരിക്കേണ്ടതിന് എന്നോടുകൂടെ പൂർണ്ണമേ താൻ ഏറ്റെടുക്കുന്ന പാവം എങ്കിലും ഒറ്റ വാക്ക് നോക്കാം തന്റെ മനോഭാവം മുഴുവൻ അടുത്ത വാക്കിലാണ് ഈ ജനത്തിന്റെ മുമ്പിൽ എന്നെ ഒന്ന് മാനിക്കണം എന്നിട്ട് എന്റെ കൂടെ നമസ്കരിക്കാൻ വേണം സാബുവിനെ ജീവിതവും രണ്ടായി ഇഷപിരിഞ്ഞു കടന്നു നമ്മൾ വമാനലേഖനത്തിൽ വായിക്കുന്നുണ്ട് പന്ത്രണ്ടാം അധ്യായമല്ലേ നമ്മുടെ യഥാർത്ഥമായ ആരാധന നമ്മുടെ ഹൃദയവും തന്നെയാണ് വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം നോക്കുക തന്റെ ജീവിതത്തിൽ ഇത് രണ്ടും രണ്ടായിരുന്നു ഞാൻ പാപം ചെയ്തു പക്ഷേ പോയി ദാവ് തായ്മ അതേസമയം ദാവീദോ ദാവീദ് നാഥാൻ പ്രവാചകന്റെ മുമ്പിൽ തൻ്റെ പാപം തുറന്ന് കാട്ടപ്പെട്ടപ്പോൾ എന്ത് പറഞ്ഞു ദാവിദ് ഇന്ന് നമുക്കും കാണത്തക്ക വിധം നമുക്കും വായിച്ച് ഒരു മാതകിയാക്കത്തക്കവണ്ണം അമ്പത്തെണ്ണാമത്തെ സങ്കീർത്തനം എഴുതി അല്ലെങ്കിൽ മുപ്പത്തിരണ്ടാമത്തെ സങ്കീർത്തനം എഴുതി തന്റെ ജീവിതത്തിൽ തുറന്നിട്ട് ദൈവം മനുഷ്യന്റെ മുമ്പാകെയും തന്റെ പാപത്തെ മറച്ചു വച്ചില്ല ഇപ്പോഴും ഞാനിത് എന്ന് പറയുന്നത് പുതിയ രൂപത്തിൽ വിശുദ്ധ ജീവിതങ്ങളെ നമുക്ക് കാണുവാനുണ്ട് പക്ഷെ നോക്കുക ആത്മാവിന്റെ നിറവനുഭവിച്ച ഒരു പഴയ നിമഭക്ത ജീവിന്റെ ജീവിതത്തെ നമുക്കൊന്ന് വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുവാനായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ കാണിക്കുന്നത് തോന്നുന്നു നമ്മളൊക്കെ ജീവിതത്തിൽ സാധാരണമായി സംഭവിക്കുന്ന ഒരു കാര്യത്തിന് ഉത്തമ ഉദാഹരണമായിട്ട് സാമ്പത്തിൽ പുസ്തകം പതിനേഴാം അധ്യായം ഒന്ന് സാമ്പത്തിൽ പതിനേഴാം അധ്യായത്തിൽ ദാബീരും ഗോലിയാത്തുമായിട്ടുള്ള എൻകൗണ്ടർ അവിടെ ദാബീർ എങ്ങനെയാണ് കാര്യങ്ങളെ കണ്ടത് ഇന്ന് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലും അനേകം ഗോലിയാത്തമാരുണ്ട് ചെലവിട്ടുമാറാത്ത പാപത്തിൻ്റെ ബന്ധനങ്ങൾ ചെറുപ്പക്കാർക്ക് മുമ്പിൽ ഗോലിയാത്തരായി മാറിയേക്കാം അല്ലെങ്കിൽ ജോലി അന്വേഷിച്ച് അല്ലെങ്കിൽ ജോലി ലഭിക്കുന്നില്ല വീണ്ടും ഇന്ന് രാവിലെ ഇവിടെ നമ്മുടെ ഗോലിയാത്തിനെപ്പറ്റി ഒരു വാക്യം വായിക്കുന്നു പതിനേഴാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യം എങ്ങനെയാണ് ആ ഫിലിസ്ത്യൻ ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും മുമ്പോട്ട് വന്നു തരുന്നു നമ്മുടെ ജീവിതത്തിലും പല മാസങ്ങളായിട്ട് ഈ ഗോലിയാത്തന്മാര് രാവിലെയും വൈകുന്നേരവും എഴുന്നേറ്റവും ബാധ്യത ചിന്ത പൊതുവേ ഈ സാമ്പത്തികമേ ഈ കടബാധ്യത അല്ലെ എൻ്റെ അവസ്ഥ അവരെ മനസ്സാദരപ്പെടുവാൻ ആഗ്രഹിച്ചിട്ടും അത് ആ നിലയിൽ അല്ലെങ്കിൽ എന്റെ രോഗാവസ്ഥ ഞാൻ ഇത്ര പ്രാഥിച്ചിട്ടും വിടുതൽ ലഭിക്കുന്നില്ല ജോലി എനിക്ക് കുഞ്ഞിന്റെ ഒരു ഉപജീവന മാർഗം വേണ്ട ലഭിക്കുന്നില്ല രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആദ്യത്തെ ചിന്തയാണം രാഘവതയോട് എഴുന്നേറ്റ് വരുന്നു വൈകുന്നേരം കിടക്കയിലേക്ക് പോകുന്നതിന് നമ്മൾ ഇതേ ഭാരങ്ങളാണ് നമ്മളെ ഭരിക്കുന്നത് ഇവിടെ അല്ലെങ്കിൽ ആ ആ നിലയിലുള്ള ഒരു പ്രകടനമാണ് നാം കാണുന്നത് നാൽപ്പത് ദിവസം മുടങ്ങാതെ ഇവിടെ വിശ്വാസ ജീവിതത്തിൽ ദാവീത് ഈ നിലയിൽ ഈ ഗോലിയാർത്തനെ ഈ നിലയിൽ അല്ല കണ്ടത് നാം മനസ്സിലാക്കണം മനസ്സിലാക്കണം അവിടെ ദാവീദ് തന്റെ യാദൃശികമായിട്ട് തൻ്റെ അപ്പന്റെ നിയോഗം അനുസരിച്ച് ജയഷന്മാരെ കണ്ട് ചില കാര്യങ്ങളൊക്കെ കൊടുക്കുവാനായി വിട്ടു അവിടെ ചെന്നപ്പോൾ ാത്ത് പതിവ് പോലെ ആ രാവിലെയും വന്ന് ഇസ്രയേൽ സൈന്യത്തെ വെല്ലുവിളിക്കുന്ന ഒരു കാഴ്ച ആ ഗോലിയാത്തിനെ പറ്റി ഒത്തിരി വർണ്ണനകൾ അവിടെ നമുക്ക് കാണാം പ്രേയായത്തിന്റെ ആദ്യ ഭാഗം നമുക്ക് അറിയാം ഗദ്ധനായ മല്ലൻ അപ്പോൾ എത്രയൊമ്പ പൊക്കം ആ ഗോലിയാത്തിന് ഒമ്പതടി ഒമ്പതിഞ്ച് പൊക്കമാണ് ഒമ്പതടി ഒമ്പതിഞ്ച് നമുക്ക് സൈസ് ഒരു ആളുടെ മുമ്പിൽ എനിക്ക് പോകുന്നത് ദാവീത് മുട്ടിൻ്റെ അത്രയും പൊക്കയിലാണുള്ള ആ സമയത്ത് ദാവീത് പൊക്കം കുറഞ്ഞവനായിരുന്നു എന്നും എഴുതുന്നുണ്ട് ഒമ്പതടി ഒമ്പതഞ്ച് പത്തടിയോളം പൊക്കമുള്ള ഒരു മനുഷ്യൻ പത്തടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ക്ലോക്കിനേക്കാളും അത്രയും ഉണ്ടാവും ക്ലോക്കറ്റിന്റെ ടോപ്പ് ലെവല് നോക്കിയ ഒരു മനുഷ്യൻ വിറച്ചു പോവും അവിടെ അവർ തലയിൽ ഒരു താമസ ശിരസം ഉണ്ടായിരുന്നു നമുക്ക് ഒരു ഹെൽമെറ്റ് ഉണ്ട് ആ ഹെൽമെറ്റ് ഒരുപക്ഷെ വ്യക്തികളിലേക്ക് ഇറങ്ങിയിരിക്കാതെ ഹെൽമെറ്റ് അപ്പൊ ഞാൻ നെറ്റിക്ക് ഉന്നം വെച്ചണമെങ്കിൽ തന്നെ ആ ഭാഗം എക്സ്പോസ് ആയി കിട്ടണം ഒരു കവണയും കല്ലുമായിട്ട് ഈ മലനെ നേരിടാൻ പോകുമ്പോ അത് മാത്രമാണോ താഴേക്ക് നോക്കുമ്പോ അവൻ അയ്യായിരം സെക്കൻഡ് തൂക്കമുള്ള ഒരു താമ്ര കവചം അവന്റെ ബോഡി മുഴുവൻ കവേട അയ്യായിരം സെക്കൻഡ് ഏകദേശം അമ്പത്തി കിലോ ഉള്ള ഒരു ബെസ്കോട്ടാണ് ഷീൽഡാണ് എത്രമാത്രം താമര ആ ഒരു ഒരു മറ്റുള്ള അല്ലെങ്കിൽ ഒരു താമരമാണത് ബോൺസ് ആണ് അതുകൂടാതെ കാൽച്ചട്ടയും ചുമരി താമരം കൊണ്ടുള്ള വെയിലും ഉണ്ടായിരുന്നു കാൽച്ചട്ടയുണ്ട് അപ്പം ഫുള്ളി അതിന്റെ ബോഡി ഫുള്ളി പ്രൊട്ടക്റ്റഡ് ഈ ഒരാളുടെ മുമ്പിലാണ് ദാവീജന് നിൽക്കുന്നത് അവന്റെ കുന്നത്തിന്റെ താഴേക്ക് വരുമ്പോൾ അവന്റെ കുന്ദത്തിന്റെ തണ്ട് നീർത്തിയാന്റെ പടപ്പുതരി പോലെയായിരുന്നു കുന്തത്തിന്റെ അലഗ് അറുപത് സെക്കൻഡ് ഇരുമ്പ് ഏകദേശം ഏഴ് കിലോ ഭാരമുണ്ടാ അസ്പിയഹരിന് ഒരു മനുഷ്യൻ എങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റും പേപ്പറ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമ്മൾ നോക്കുമ്പോൾ പല പ്രശ്നങ്ങളും എങ്ങനെയാണ് നമുക്കൊരു പരിഹാരവും കാണാനൊക്കത്തില്ല അത് പ്രശ്നങ്ങൾ മലന ഇവനെ എനിക്ക് നേരിടാൻ പറ്റില്ല ിൽ അല്ലെങ്കിൽ ഈ നിലയിൽ ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക ജീവിതം എങ്ങനെയായിരുന്നു ദാവീത ഈ കാര്യങ്ങൾ എങ്ങനെ കണ്ടു ദാവീത് മൂന്ന് റെസ്പോൺസുകൾ മൂന്ന് പേരോട് ഈ കാര്യത്തെ പറ്റി ഒന്ന് ജനം നമ്മൾ ഇരുപത്തിനാളാം വാക്യം അവിടെ കണ്ടപ്പോൾ ഇസ്രേലുകളൊക്കെയും ഏറ്റവും ഭയപ്പെട്ട അവന്റെ മുമ്പിൽ നിന്ന് ഓടി നമുക്ക് ദൈവത്തിന്റെ ജനമാണ് നമ്മളും പലപ്പോഴും നമ്മുടെ ജീവിത സാഹിത്യ ഇങ്ങനെയല്ലേ ഒരു ഓടി മാറാൻ ഫീസ് ചെയ്യാൻ പല ജീവിത ഭാരങ്ങളും നമുക്ക് ഒരാശ്വാസം ലഭിക്കാതെ യാകൃതയിൽ നമ്മള് നമ്മൾ മാറിപ്പോകുന്നുണ്ടോ ഇവിടെ നോക്കുക ഇവിടെ അവരെന്നിട്ട് പറയാ അപ്പോൾ ഇസ്രേലിയർ വന്നു നിൽക്കുന്ന ഇവനെ കണ്ടുവോ ഇസ്രായേലിന്റെ കാര്യം എന്താണ് ആരെ കണ്ടുവന്ന ഇവനെ കണ്ടു ഈ വലിയ സ്ട്രക്ചർ ഈ വലിയൊരു മനുഷ്യൻ അവനെ തുടാൻ പറ്റാത്തവന ശക്തനാണ് പക്ഷെ ദാവീദ് എന്താ മറുപടി പറയുന്നത് ദാവീദ് ഇരുപത്താലാം വാക്യം അതിന്റെ രണ്ടാം ഭാഗം ഇങ്ങനെയാണ് ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്നിക്കുവാനും ഈ അഗ്രജമ്മയായ ഫെലിസ്തീനാരെ എത്ര മനോഹരമായ ചോദ്യം ദാബീദിന്റെ അനവിൽ ഇന്നാണെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ ഡേറ്റ അമ്പത്താറ് കിലോ അമ്പത്തേഴ് കിലോ അതിങ്ങനെയായിരുന്നു ഉണ്ടാക്കിയത് അതിനിങ്ങനെ പ്രൊട്ടക്റ്റഡാണ് അതെല്ലാം വെച്ച് ഭയങ്കര ഡിസ്കഷനാണ് കാലാവസ്ഥ മഴയില്ല ജൂലൈ മാസം മഴ പെയ്തില്ലെങ്കിൽ കേരളം മഴയും വരണ്ടും നമ്മുടെ മുമ്പിൽ അനേകം ഗോലിയാത്രമാരുണ്ട് ഞാനും അങ്ങനെ ഗോലിയാത്തിനെ കണ്ടുകൊണ്ട് നിൽക്കാം മഴയില്ലെങ്കിൽ ജൂലൈ മാസം മഴയില്ലെങ്കിൽ എങ്ങനെ ശമ്പളം കൊടുക്കും എങ്ങനെ ജീവിക്കും എന്ന് പോലെ പറഞ്ഞുകൂട പക്ഷേ ഇവിടെ ഒരു അവിടെയും ഈ കാര്യം എന്നെ ഉത്സാഹിപ്പിക്കുക ദവിതെന്താ കണ്ടു ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ അല്ലെങ്കിൽ ഫിരിയ സേനയെ അല്ല കണ്ടത് ദീത് പറയുന്ന അവർ നോക്കെ പോകലാ ദൈവത്തിന്റെ സേനകളെ അവിടെ യഹോ തന്നെയാണ് യുദ്ധം യഹോ സേന ഞാനല്ല യുദ്ധം ചെയ്യാതെ നോക്കാം അത് ബോധ്യം ഇടയിൽ ചെറുക്കിന് ആട്ടിൻകൂട്ടത്തിൽ നിരയിൽ നിന്നും ദൈവം കൊടുത്ത വിശ്വാസത്തിൻ്റെ വർദ്ധന നോക്കുക നമുക്ക് എത്രയോ ദൈവം ഇവിടെ കിട്ടുന്നു എത്രയോ പുസ്തകങ്ങൾ വായിക്കുന്നു ഞാൻ എന്നെ പറ്റി തന്നെ ചിന്തിക്കുക ദൈവേ ഇത് എത്രയോ ദൈവം പറഞ്ഞത് എന്റെ ഹൃദയത്തിൽ ചേർന്ന പുരുഷൻ എന്റെ ഹൃദയത്തിനൊത്ത മനുഷ്യൻ ഇവിടെ നോക്കി താൻ തനിക്കാസ് ആ ഗോല്യാത്തിന്റെ ശരീരത്തിന്റെ ആവരണങ്ങളൊന്നും താൻ കണ്ടില്ല അങ്ങനെ നോക്കി ദാവി അഞ്ച് കല്ലുകൾ കാരണം താൻ നോക്കുമ്പോ നോക്കുക നമുക്ക് ഞാൻ പറഞ്ഞ പോലെ എല്ലാ കവള സ്ഥലമാണ് ഓപ്പൺ ആയിട്ടുള്ളത് ബാക്കിയെല്ലാം പ്രൊട്ടക്ടാ തനിക്ക് സൗകര്യം കാലം എന്നെ ഇവിടെ വീഴ്ച ചെയ്യാനാണ് കാരണം അവന് പൊക്ക എഴിയാൻ സൗകര്യതായിരിക്കാം അവിടെയും പ്രൊട്ടക്ടാ ഒരു സാധ്യതയില്ല പക്ഷെ ദാവീദ് അതൊന്നും അല്ല ദാവീദ് ദൈവത്തെ കണ്ടു പലപ്പോഴും നമ്മുടെ ജീവിതം അല്ലേ നമ്മളിങ്ങനെ ഗോലിയാ ഫോട്ടസ്ഡാണ് നമ്മുടെ ജീവിതം ദാവീദ് ദൈവത്തെ ഫോക്കസ്ഡാണ് അവൻ ദൈവത്തോട് ദൈവത്തോട് ഫോക്കസ്ഡായിരുന്നു അവനെ ആ മല്ലന്റെ പ്രാപമൊന്നും ദാബിതിനെ ബാധിച്ചില്ല അവളെ അത് കഴിഞ്ഞ് നോക്ക് അവിടെ വരുമ്പോ സാവൂളും സാവൂളും ഈ നിലയിൽ ദാബീന ഡിസ്കറുമ്പോൾ ദാബിദ് മറുപടി പറയുന്ന ആ അതേ അധ്യായത്തിൽ ഈ സോളിനെ ധൈര്യപ്പെടുക ധൈര്യപ്പെടുത്തുക അതായത് മുപ്പതാം വാക്കി ഇങ്ങനെ പറയുന്നുണ്ട് സോൾ ദാവിദിനോട് ഈ ഫിലിസിനോട് ചെന്ന് അംഗം പോകാൻ നിനക്ക് പ്രാപ്തിയില്ല നീ ബാലൻ നീ ഇങ്ങനെ പിടിപ്പിക്കൽ കാണിക്കാതെ നിനക്കൊരു താമസം മാത്രമല്ല നീ നിനക്ക് അറിയില്ല അവനും ബാല്യം മുതൽ യോധാവ ചെറുപ്പം മുതൽ എനിക്ക് പ്രശ്നങ്ങളിങ്ങനെ വളരായി നിൽക്കുക എനിക്കൊരു പരിഹാരമില്ല ചെറുപ്പം ബാല്യം മുതൽ എന്റെ ഉടമ മുതൽ എന്നീ പാപം എന്നെ വേട്ടയാടുക എനിക്കൊരു പരിഹാരമില്ല പുട്ട് ഇവിടെ നോക്കുക ഈ വലയിലൊക്കെ സാത്താൻ നമ്മെ പ്രതീക്ഷയില്ലാതെ നമ്മളെ നിരാശപ്പെടുത്തുമ്പോൾ ഇവിടെ ദാവീത് പറഞ്ഞ ഉത്തരം എന്താണ് ദാവിയെ സൗമ്യോട് പറഞ്ഞത് അടിയം അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലൊരു സിംഹവും ഒരിക്കലൊരു കരടിയും നിന്ന് കൂട്ടത്തിൽ നിന്ന് ആടുകളെ ആട്ടിൻകുട്ടിയെ പിടിച്ചു ഞാൻ പിന്തുടർന്നതിനെ അടിച്ച് അതിന്റെ വായങ്ങൾ നാട്ടിൻകുട്ടിയെ പിടിവിച്ചു അതെല്ലാം നേരെ വന്നപ്പോൾ ഞാൻ ഇതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു ഇങ്ങനെ അടിയം സിംഹത്തെയും കവിടിയും കൊന്നു അവിടെ അവരെ കേൾക്കുമ്പോൾ നമുക്ക് ബാല ചെറുപ്പക്കാരൻ്റെ ഏഹ് എഴുപ്പം അടുത്ത് പറഞ്ഞ അല്ല സാഹുവിന്റെ അടുത്ത് പറഞ്ഞു പോകുന്നു നമുക്ക് തോന്നാം പക്ഷേ അത് തോന്നൽ വാക്കി നോക്കുക ഈ അഗ്രജമിയായ ഫെലിസ്യൻ ജീവനുള്ള സൈന്യ ദൈവത്തിന്റെ സൈന്യത്തെ നിർമ്മിച്ചിരിക്ക അവനും അവയിൽ ഒന്നിനെ ആകും ദാവിർ അവരെ നിർത്തിയില്ല പിന്നെയും പറഞ്ഞു സിംഹത്തിന്റെ കയ്യിൽ നിന്നും കലയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫലിസ്യന്റെ എന്നെ രക്ഷിക്കും അവിടെയും ഫലിസ്ത്യന്റെ ഭീകരതയോ വലുപ്പമോ തന്റെ ദൗർബല്യമോ ചെറുപ്പമോ അല്ല ദാവീർ കണ്ടത് ദാവീർ അവരുടെ ദൈവത്തെ കണ്ടു അപ്പോൾ നമ്മൾ ഇന്ന് കേട്ടതെന്നാണ് വിശ്വാസം ഈ വിശ്വാസത്തിന്റെ വളർച്ച താൻ അഭിഷേകതയിലും പ്രാപിച്ചതുകൊണ്ട് താൻ എന്തെങ്കിലും ഒരു രാജാവാകുമെന്നുള്ള പ്രത്യാശയോടെയല്ല ജീവനൊരു ദൈവത്തെ കണ്ടെത്തിയ തന്റെ പ്രായോഗിക സാഹചര്യങ്ങൾ ആട്ടുകൂട്ടത്തെ വെച്ചപ്പോൾ അവിടെയും ദൈവത്തിൻ്റെ കാര്യം കണ്ടെത്തി നാം ആയിരിക്കുന്ന ഏത് നമ്മൾ ഒരുപക്ഷെ കുച്ചണല്ലായിരിക്കാം സഹോദരിമാരെ അവിടെയും നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ മധ്യയെ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നുണ്ടോ ഭാര്യ എന്ന നിലയിൽ ഉള്ള പരാജയങ്ങളെ അല്ലെങ്കിൽ ഒരു അമ്മയെന്നൊരു ഈ പരാജയങ്ങളെ നമ്മൾ മകൻ എന്ന ഒരു ഭർത്താവെന്ന നിലയിലുള്ള പരാജയങ്ങളെ അല്ലെങ്കിൽ ഒരു പിതാവെന്ന നിലയുള്ള അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിലുള്ള ആ നിലയിലുള്ള പരാജയങ്ങളെല്ലാം നമുക്ക് ഈ നിലയിൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ഒരു അപകഷതാബോധമോ പാവ ഒരു കുറ്റബോധമോ ഇല്ലാതെ ധൈര്യത്തോടെ നേടുവാനായിട്ട് നമുക്ക് ഇതാവിതന്ന ജീവിതം വെല്ലുവിളിയാം അവിടെ നോക്ക് അവിടെ നോക്ക് താന് സാഹൂടും അത് തന്നെയാണ് പറയുന്നത് ജീവനോട് ദൈവത്തിന്റെ സൈന്യങ്ങളെക്കും ഇവൻ അത് തുറന്നു നോക്കുക പിന്നെ പിന്നെയാണ് യഥാർത്ഥമായ എൻകൗണ്ടർ തന്റെ ഇതെല്ലാം പറഞ്ഞ് താന് നമുക്ക് താഴേക്ക് വായിക്കുന്ന അറിയാം വടിയെടുത്തു തൊട്ട് നിന്ന് നിമിഷം അഞ്ച് കല്ല് തിരഞ്ഞെടുത്ത് ഈ ഫിലിസ്തീനെ നേരിവാനായിട്ട് പോകുമ്പോ ഫിലിസ്തീനെ സംബന്ധിച്ചു കുറച്ചിലായിപ്പോ ചെറുക്കരെയാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത് അല്ലെ ഫിലിസ്തീൻ്റെ പറയുന്നേ നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു സോറി സോറി എന്നാ ദാവിയോട് നീ ഞാൻ എന്ന നായാണോ എന്ന് ചോദിക്കുന്നുണ്ട് നീ വടികളുമായി എന്റെ നേരെ വരാൻ ഞാൻ നായർ എന്ന് നാൽപ്പത്തി വാക്യം ഫിലിസ്തീൻ ദാവിയോട് ചോദിക്കുക ദാവീത് അവനോട് പറയാൻ എന്തായാലും ഉള്ളത് ദാവീദ് ഫിലിസ്തീനോട് പറഞ്ഞത് നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു ഞാനോ നീ നിന്നിച്ചിട്ടുള്ള ഇസ്രയേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നിര വരുന്നു ഇന്ന് യഹോവ നിന്നെ എൻ്റെ കയ്യിലേൽപ്പിക്കും ഇസ്രായേൽ ഒരു ദൈവം ഉണ്ടെന്ന് സർവഭൂമി തന്റെ ബോധ്യം എന്തായിരുന്നു നാൽപ്പതെല്ലാം വാക്കത്തിലഹോവ വാൾ കൊണ്ടും കൊന്ന കൊണ്ടും അല്ല രക്ഷിക്കുന്നതെന്ന് ഈ സംഘമെല്ലാം അറിയുവാനിട ഇടവരും യുദ്ധം യഹോബയുടെ അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിലേൽപ്പിച്ചു ദാവി നോക്കുക അവനപ്പുറത്തേക്ക് ഈ മലിനപ്പുറത്തേക്ക് ഈ സൈന്യത്തെ സൈന്യത്തെ മുഴുവൻ അമലേക്കരെയും മുഴുവൻ തകർക്കാൻ ദൈവം തന്നെ സഹായിക്കുമെന്ന് ഉറപ്പുള്ളവൻ ഇപ്പോഴും നമ്മൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അമ്പതാം വാക്കി അവസാനിപ്പിക്കുന്നു ഇങ്ങനെ ദാവിതൊരു കവണയും ഒരു കല്ലും കൊണ്ട് ഫലീസിനെ ജയിച്ചു കൃത്യമായ താൻ തന്നെ പെട്ട് തൻ്റെ ഉന്നം മുൻ പറ്റിയാലും അവസ്ഥ എന്താണ് അറിയാം പക്ഷേ അവൻ ദൈവത്തെ മാത്രം കണ്ടു തനിക്ക് ചുറ്റും നിൽക്കുന്ന സമൂഹവും ഇസ്രയ സമൂഹവും അവലേറ്റ സമൂഹവും തനിക്ക് എതിനാണ് താൻ അവളുടെ മുമ്പിൽ നിന്ന് താൻ ചേർത്താണ് അവർക്ക് ഒരൊറ്റ ഒരാളെ പോലെ കത്താവ് വിറച്ച് ഒരു മകൻ തന്റെ ജീവിതം വീക്ഷണമുണ്ടായി അപ്പോൾ തന്നെ നോക്കുക എത്ര മനോഹരമായിട്ട് ആ വിധം വന്നു ഇന്നും നമുക്ക് മാതൃകയായിട്ട് നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യേ നമുക്ക് ഇതാതീതിന് മാതൃകയെടുക്കാം നമുക്ക് എടുത്താൽ പൊങ്ങാത്ത നിശ്ചരിച്ചതുപോലെ വലിയ സാമ്പത്തിക ഭാരം കാണോ നോക്കുക അതുകൊണ്ടുതന്നെ പിറ്റേ ദിവസം അതിന് പരിഹാരമാകുക മറിച്ച് അവരെ ദൈവത്തിനെ ആശ്രയിക്കുവാൻ നമ്മുടെ ജീവിതത്തെ നന്മയ്ക്കായിട്ട് മാറ്റുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ ആ നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരിക ഇന്ന് ഇവിടുത്തെ പറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ തോളമാനമായ ഒരു മാനസാന്ദ്രത മാനസാന്ദ്ര എന്താണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ദൈവം എന്നിൽ പ്രവൃത്തിയാണ് ദൈവത്തെ കണ്ടെത്തിയതും ഞാൻ ദൈവമകനായതും ഇന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ കൃപ തനിക്കൊന്നുമില്ല നമുക്ക് ആ ഒരാശ്രയത്വം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ എടുക്കാം നമുക്ക് ദൈവം ഭാഗം നമ്മുടെ തന്നെ താഴ്ത്തി മുഴുക്കപ്പെട്ടൊരു മനസ്സോ കത്താവേ പല വിജയങ്ങളുടെയും പുറകെ കത്താവെ ഞങ്ങൾ ഞങ്ങളുടെ കരവും പൊക്കുന്നുണ്ട് അല്ലെങ്കിൽ പല ജീവിതത്തിൽ ചില വിജയങ്ങൾ കിട്ടുമ്പോൾ അതിൽ കത്താവ് ഞങ്ങൾ സ്വയം മതമിലൊരു മഹത്വം എടുക്കാൻ ഞങ്ങൾക്ക് സ്വാഭാവിക പ്രവണതയുണ്ട് അവിടെ കത്താവ് ഞങ്ങൾ ഞങ്ങളെ കാണാതെ ഈ ശ്രമ സൈന്യങ്ങളായ സൈന്യങ്ങളുടെ ഹോബ യേശുവിന് അല്ലെങ്കിൽ കത്താവിനെ ഇന്ന് നമുക്ക് അങ്ങനെ പറയാം ബഹോബയല്ല നമുക്ക് സ്വകീയ പിതാവും ഉണ്ട് അന്ന് പഴയ മുതൽ തനിക്ക് ലഭിച്ച വെളിച്ചത്തിൽ അന്ന് ഡാബിന്ന് കിട്ടിയ വെളിച്ചത്തെക്കാൾ എത്രയോ അധികം എത്രയോ ശ്രേഷ്ഠമായത് നമുക്കായി ജീവൻ തെച്ച് സ്നേഹിച്ചൊരു കർത്താവ് റിയലായിട്ട് ഇനി ജീവിക്കുന്ന ഒരു നമ്മെ സ്നേഹിക്കുന്ന നമുക്കായിട്ട് കാത്തിരിക്കുന്ന പിതാവ് ഏതവസ്ഥയിലും തള്ളിക്കളയാലാ തെരു പിതാവ് നമ്മൾ കേട്ടു എൻ്റെ അടുക്കൽ വരുന്നവരെ ഒരുപാട് തള്ളിക്കളയത് ഞാൻ ലോകാവസം ഓരോ ദിവസവും നിങ്ങളോട് ഉണ്ടായിരിക്കുമെന്ന് വാക്പ്രദപ്പ് ചെയ്ത കത്താവ് നമുക്ക് ഈ കഥാവിനായിട്ട് നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടെ വെക്കാം പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ചാരി ആശ്രയിച്ച് ദാബിതിനെ പോലെ നമുക്ക് അവിടെ സാബുളുടെ ജീവിതം എങ്ങനെ അവസാനിച്ചു എന്ന് നമുക്കറിയാം നമുക്ക് നമ്മളെ തന്നെ താജ്താം ദൈവശക്തത്തിനായിട്ട് കാതോക്കാം നമ്മുടെ കുട്ടികളുടെ ദൈവഹിതത്തിനായിട്ട് നമുക്ക് നമ്മൾ തന്നെ ഒരുക്കാം എവിടെയാണോ ദാബി നിരന്തരം തൻ്റെ ജീവിതത്തിൽ ദിവസം മുതൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ ഹൃദയത്തിൽ വന്ന ദിവസം മുതൽ ദൈവത്തെ അന്വേഷിച്ച് നമ്മൾ കേട്ടതുപോലെ ദാഹിച്ച് ദാഹിച്ച് എത്ര മനോഹരമായ അല്ലെ ഇരുപത്തി മൂന്നാം സങ്കീർത്തനം മാൻ നേത്തോടിനായിട്ട് കാംഷിക്കുന്നത് പോലെ മനോഹരമായ സങ്കീർത്തനങ്ങൾ ദാവീദിൻ്റെ ഏത് മടുത്തിരിക്കുന്നതിനെയും അതായത് യഥാർത്ഥത്തിൽ താങ്ങിരിക്കുന്നവനെ വാക്കുകൾ കൊണ്ട് താങ്ങേണ്ടതിന് യഹോബായ ദൈവം എനിക്ക് ശിഷ്യന്മാർ നാവ് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞതുപോലെയാണ് ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ പലപ്പോഴും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഒരിക്കൽ കൂടെ എൻ്റെ ജീവിതത്തെയും ഈ മലന്മാരെ നേരിടുമ്പോൾ ഈ മലനെ അല്ല എന്നെ സ്നേഹിച്ച് ഒരു യോഗ്യതയും ഇല്ലാത്ത സമയത്തന്നെ വിളിച്ച് മകനാക്കി ദൈവത്തിൻ്റെ അത്ഭുതകരങ്ങളിൽ ഇത് ഒരു നടത്തിയ കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സാഹിത്യങ്ങളിലും ഞാൻ വിചാരിച്ചതിനേക്കാൾ മനോഹരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തന്ന കർത്താവ് ഏത് സാഹിത്യം അല്ലെങ്കിൽ ഏത് അത് ലഭിച്ചപ്പോഴും ലഭിക്കാത്തപ്പോഴും ഹൃദയത്തിലെ സന്തോഷം എടുത്തു കളയാതെ നിത്യവിലയിക്കേണ്ട ചിന്തകളെയും എൻ്റെ ഹൃദയത്തെയും കൊണ്ടുപോകാൻ കഴിവുള്ള കർത്താവ് ആ കത്താവിൻ്റെ മുമ്പിൽ നമുക്ക് സന്തോഷത്തോടെ ആയിരിക്കാം ദുഃഖിക്കരുത് നമുക്ക് വിഷപ്പിക്കേണ്ട കാര്യമല്ല കുഞ്ഞുങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടരുത് അവിടെയും നമുക്ക് പരിശുദ്ധാത്മാവിന്റെ മറവിനായിട്ട് ആഗ്രഹിക്കാം ഭാര്യയും ഭർത്താവും ഒന്നിച്ച് സഹോദരങ്ങൾ ഒന്നിച്ചും അല്ലെങ്കിൽ കുടുംബത്തിൽ മക്കളുമായിട്ട് ഒന്നിച്ചും ഭാര്യയും ഭർത്താവും ഒന്നിച്ചും സ്വകാര്യമായ പ്രാർത്ഥനാ സമയമുണ്ട് എങ്കിൽ അവരുടെ ദൈവം പാകേ നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് കത്താവിൻ്റെ അർത്ഥത്തിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ സഭയ പരിപാലിക്കുന്ന ആ കത്താവിൽ നോക്കി നമുക്ക് നമ്മുടെ സകല പ്രശ്നങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരാത്മീയമായ ക്ഷീണത്തിൽ നിന്നും മടങ്ങിവരും മടങ്ങിവരും അത് ദൈവത്തിൻ്റെ വാക്തത്വമാണ് അവിടെ നമുക്ക് എൻ്റെ ആദീദിനെ വിശ്വാസീനീകരിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ